ജനങ്ങളിൽ നിന്നുള്ള വിഡ്ഢികൾ ചോദിക്കും അവർ മുമ്പ് തിരിഞ്ഞിരുന്ന ഖിബിലയിൽ നിന്ന് അവരെ മാറ്റിയതാരാണ് പറയുക കിഴക്കും പടിഞ്ഞാറും അള്ളാഹുസുബഹാനഹൂവറ്റാലാവിനാണ് അവൻ ഉദ്ദേശിക്കുന്നവനെ നേരായ മാർഗത്തിലേക്ക് നയിക്കുന്നു